വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക അവർക്ക് താഴെയായി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തോപ്പുകളുണ്ട് അതിൽ നിന്ന് ഓരോ ഫലങ്ങൾ അവർക്ക് ഉപജീവനമായി ലഭിക്കുമ്പോഴെല്ലാം അവർ പറയും ഇത് നമുക്ക് ലഭിച്ചതാണല്ലോ എന്ന് അവർക്ക് സമാനമായ രൂപത്തിലുള്ളവയാണ് നൽകപ്പെടുന്നത് അവിടെ അവർക്ക് പരിശുദ്ധരായ പങ്കാളികളുണ്ടാകും അവർ അവിടെ നിത്യവാസികളുമായിരിക്കും